ഞങ്ങളവരെ പന്ത്രണ്ട് ഗോത്രങ്ങളായി തിരിച്ചിരിക്കുന്നു മൂസ അലഹിസ്ലാമിന്റെ ജനത അദ്ദേഹത്തോട് വെള്ളം ചോദിച്ചപ്പോൾ നിന്റെ വടികൊണ്ട് പാറയിലടിക്കുക എന്ന് ഞങ്ങളദ്ദേഹത്തിന് വെളിപ്പെടുത്തിക്കൊടുത്തു അങ്ങനെ അതിൽ നിന്ന് പന്ത്രണ്ട് നീരുറവകൾ പൊട്ടിത്തെറിച്ചു ഓരോ വിഭാഗവും തങ്ങളുടെ കുടിവെള്ളം എവിടെ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞു ഞങ്ങൾ മേഘം തണലാക്കുകയും അവർക്ക് മണ്ണും സെൽവായും ഇറക്കിക്കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ നിങ്ങൾക്കു നൽകിയ നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുവിൻ അവർ ഞങ്ങളോട് അക്രമം ചെയ്തില്ല മറിച്ച് അവർ സ്വന്തം ശരീരത്തോടാണ് അക്രമം കാണിച്ചത്